ലോകം പഴമുള്ള മക്കളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭയമാണ് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഭയമാണ് ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നാവസ്ഥയിലും ബീജരൂപത്തില് ഗാഠസുഷിലും ഭയം മനസ്സിന് വേട്ടയാടുകയാണ് ഈ പ്രശ്നം തുടരുമോ അത് രൂക്ഷമാവുമോ ഒരു മാറ്റം അതിജീവിക്കാൻ സാധിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള ആശങ്കകളാണ് നമ്മെപ്പോഴും പറയാറുണ്ട് മറ്റെല്ലാ തീരുമാനം പോലെ സന്തോഷവും ഒരു തീരുമാനമാണ് എന്തും വരട്ടേം സന്തോഷമായിരിക്കും എന്തും വരട്ടേം ധൈര്യമായിരിക്കും ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല പരമാത്മാവിന്റെ കൂടെയുണ്ട് ഒരു ആത്മവിശ്വാസം വളർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം